ഷാ സർക്കുറ്റ് മഴ സമയത്ത് പലയിടത്തും ഷാർട് സർക്കൂറ്റ് ആർട് സർക്കുറ്റ് പോയിട്ടുണ്ട് ഇതുവരെ ജൂപ്പായി രണ്ടു സ്വതന്ത്രീകരുഷ തേക്ഷം അന്തസ്ഥേതരയിലെ സംസാരി ഗാന്ധിയിലെ കവിതയിലുള്ള കാരണം ദിവസം പറഞ്ഞു ഒരു ജീവൻ്റെ ഉള്ളിലും എല്ലാ ജീവന്മാരാണ് ഓരോ ജീവനുകളുടെ ഉണ്ടിലും എല്ലാ ജീവനുമാരും സ്വതന്ത്രീകരുഷ തേഷ സഹായിരെ സംസാരെ ബാധിക്കുകയും സംസാരവസാനമില്ലാത്ത സൃഷ്ടി സ്ഥിതി സംഭാവന ജനനഞ്ചന്മം ജീവിത വികനമൊക്കെ അനുഭവപ്പെടുന്നു പക്ഷേ ഇതെന്താണ് കഥലീകളാക്ക കോളം മുതൽ പീഡ ഉണ്ടാക്കിയ എത്രമാത്രം ദുർബലവും സ്ഥിരവുമോ അത് നമുക്കിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കഥകളിയിലറി മനുഷ്യനെ ഇരിക്കാൻ പറ്റത്തില്ല കവടയിലെ ദുർബലം എന്ന് കാണിക്കാനാണ് എനിക്ക് ഇവിടെ അത് പലയിടത്തും വളരെ ദുർബലമാണ് ജനിച്ച ഒരു മായാകാര്യമാണ് ജ്ഞാനം കൊണ്ടൊരു നശുവാണ് പൃഥിവൂതമാത്രപേഷ ജപത് ചർച്ച മരണശേഷം ജീവനും പ്രപഞ്ചാനുഭവം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് പറയുകയാണ് പൃഥിവീ മഹാഭൂതഗണ പൃഥി മഹാഭൂതഗണങ്ങൾ പല ബോധങ്ങൾ അതില്ല എന്നിട്ട് ജഗക്രമാ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഭാവന ജഗതക്രമം അതുമില്ല ആർക്കും മൃദാന മരിച്ചവരെ സംബന്ധിച്ച് ഇതാണ് ഇല്ല തത്ര ഇവിടെ ജാഗ്രത്തിൽ ത്രാന്ന് വെച്ച് ഈ പറയുന്നത് ജീവബോധത്തിലെല്ലാം കൊണ്ടുവന്നാമെന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ മരിച്ചവർക്ക് ഇല്ല ജീവിച്ചിരിക്കുന്നവർക്ക് അഭിസം അപ്പൊ ജീവബോധത്തിൽ അങ്ങനെ അനുഭവപ്പെടുന്നവർക്കൊന്ന് സത്യമല്ലാ തഥാപി യേശാവും ജഗദ്ഭ്രമാണോ എന്നാലും മരിച്ചവർക്കൊക്കെ ജഗദ്ധ്രമം മരിച്ചവർക്ക് ഉണ്ടാകുന്ന ഈ അനുഭവങ്ങൾ എന്ന് പറയുന്ന ധർമ്മമാണ് ജീവിച്ചിരിക്കുന്ന ഉണ്ടാകുന്ന ധർമ്മം തന്നെ സത്യമുണ്ട് മരിച്ചവർക്ക് അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ അനുഭവം ഭ്രമമാണ് മരിച്ചവർക്കും മരിച്ചവരിന്റെ അദ്ദേഹത്തെ പറഞ്ഞുണ്ടാവും മരണശേഷം ജീവന അനുഭവങ്ങളുണ്ടാവുന്നു ദിവസങ്ങളെ ചർച്ച ചെയ്ത് ജഗത് സംസ്കരണം സ്വാതന്ത്ര്ം മൃഗവും അനുഭവ ദേശം മരിച്ചവൻ ജഗത് സംസ്കരണത്തെ എന്ത് ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ സ്വാതന്ത്ര് തന്റെ ഉള്ളിൽ അനുഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് അതൊരു ഭ്രാന്തിയാണ് അനുഭവം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഭ്രാന്തി എല്ലാത്തിനും ഭ്രാന്തി ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് ഈ പ്രപഞ്ചാനുഭവഭ്രാന്തി എന്തുകൊണ്ടും മായമാക്കവിദ്യ അനന്ത യം നാനാ അസരസാരണി ജടാന സജിതാഗർഘ സഗതരഗിണി നാനാ പ്രസരണം നാനാ പ്രസര നാനാ സൃഷ്ടികളോ അവിദ്യ നാനാ രൂപങ്ങളിൽ പ്രവഹിക്കാൻ കഴിയുള്ള ഒന്നാണ് അവിദ്യ ഇതിന്റെ നാനാ തലത്തിലുള്ള പ്രപഞ്ചങ്ങളും നാനാതരത്തിലെ ജീവന്മാരും ജീവന്മാർക്കും നാനാതരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാക്കിത്തരുന്ന എം അനന്ത ഇത് അന്തമില്ലാത്തതാണ് അന്തമില്ലാത്തവർന്നുകൊണ്ടെങ്കിൽ അനാദികാലമായി തുറന്നുകൊണ്ടെങ്കിൽ അനന്തകാലമായി തുടങ്ങുകൊണ്ടും ജടാന ജഡന്മാരെ സംബന്ധിച്ച് അജ്ഞന്മാരെ സംബന്ധിച്ച് ഈ ഒഴുക്ക് ആ ദീർഘ നീണ്ടു നിൽക്കുന്ന അവസാനമില്ലാത്ത ഞാനെ സംബന്ധിച്ചിടത്തോളം ജഗന്മാർ തരത് ശ്രദ്ധ തരംഗങ്ങളിൽ സദാ ഇണങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി തരംഗങ്ങൾ ഇവിടെ ബോധത്തെ സംബന്ധിക്കുന്നു അതൊത്തവൻ്റെ പ്രതിസന്ധത്തിൽ ഉണ്ടാക്കുന്ന ബോധസമുദ്രത്തിലെ തരംഗങ്ങൾ ഇതൊക്കെ സ്ഥിരം നശിക്കുന്നില്ല അതും ഒരാൾക്ക് നശിച്ച വീണ്ടും തുടരുന്നു ഗുരുവിന്റെ അവിദ്യ നശിച്ചാത്വം ചെയ്യുന്നു ശിഷ്യനവിദ്യ തുടരുന്നു ഞാൻ എനിക്ക് അതാണ് പറഞ്ഞ ജഡാനാണ് ജഡന്മാരെ സംബന്ധിച്ച് അനന്തമാണ് തത്വം ഞാൻ ശരിയാണ് നാശമില്ലാത്തതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി ഇന്നും അവിദ്യയുള്ളതുകൊണ്ട് നമ്മളത് കേട്ടോണ്ടിരിക്കുന്നു എവിടെ ബസ് ആർക്കൊക്കെയോ നശിച്ചു നമുക്കൊന്ന് നശിച്ചു നസപ്പിനെ പ്രപഞ്ചം അനുഭവപ്പെടാൻ പാടുന്നതാണ് ഇറങ്ങിയിരിക്കുന്നു ജ്ഞാനിയെ സംബന്ധിച്ച് നശിച്ചു നശിക്കാത്തോണ്ട് അച്ഛാന് ഗഡനൂടെ പറഞ്ഞു ഗഡാന എന്ന് പ്രത്യേകം പറഞ്ഞു അച്ഛന്മാർക്കും അറിയാൻ പറഞ്ഞു യാളുണ്ട് അച്ഛന്മാർക്ക് നശിക്കില്ലാന്ന് പറഞ്ഞാൽ അജ്ഞനായിരിക്കുന്നവർത്തോളം കാലം നശിക്കില്ല ഞാനിത് നശിക്കില്ല അയാൾ എന്തെങ്കിലും ഞാനിവാട്ട് എന്താന്ന് പറയുന്നത് നമ്മൾ ജഡാനാണെന്ന് പറഞ്ഞത് അജ്ഞന്മാർ സത്യമാണ് ജഡന്മാർക്ക് നശിക്കുന്നില്ല അത് തർക്കമില്ലാത്ത കാര്യമാണ് ആർക്കും നശിക്കണം ജഡന്മാർക്ക് നശിക്കണം അങ്ങനെ ജഡന്മാരൊക്കെ പുറത്തേക്കും പറഞ്ഞത് ജഡാന ആ ദീർഘ അവസാനമില്ലാത്ത എടന്മാർക്ക് ദർശിക്കുന്നു നടക്കുന്ന കാര്യമാണ് പരമാർ ബുദ്ധോസ് വർത്തേ ഭൂരിശ പരമാർംബുതോ തരംഗം നിരന്തരം ഭാഷ ആവർത്തിക്കുന്നതാണ് ബോധസമുദ്രം ചിതാകാശത്തിന പല തരംഗങ്ങളാണ് ഈ പ്രപഞ്ചം സൃഷ്ടി ജീവന്മാരും സംസാരം എല്ലാം ഇനിയും ആവർത്തിക്കും ഓരോ സ്വർത്തവും വിശദീകരിക്കേണ്ട കാര്യം പരമാർത്മാതവും വിസ്തൃതമായ രാമ ഹേ രാമ സർഗ തരംഗം സർഗങ്ങൾ സൃഷ്ടികളെല്ലാം ഉണ്ടാവുന്നു പല തരംഗങ്ങളാണ് അർത്ഥത്തെ വീണ്ടും പിന്നെ ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും അനുവർത്തിക്കുന്നു അതിനാശ എവിടെ ഇതിന് നാശം ഇവിടെ വരും ഭൂയോ ഭൂയോനു വർത്തേ അല് നമ്മുണ്ടായതും കേരണ്ടായിക്കൊണ്ട് ഭൂരിശം വളരെയധികം എല്ലാം ഏന്ന് വെച്ചാൽ മുമ്പ് ഉണ്ടായാലും അന്യം എന്ന് വേറെ വേറെ പുതിയതും ഉണ്ടാവും സൃഷ്ടി ഇങ്ങനെ അനാദി അനന്തമായി തുറന്നുകൊണ്ടേയിരിക്കും ഭാഷകാലം പറഞ്ഞാൽ അനാദിത അനന്തോയം ലോകവ്യവഹാരങ്ങളാണ് ഈ ലോകവ്യവഹാരം എന്ന് പറയുന്ന അനാദിയായി അനന്തമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്ന് പറയും എന്താണ് അപൂർവം ഏതെങ്കിലും ജ്ഞാനിക്കുന്ന എസ്സും അതെങ്കിൽ പിന്നെ പറയണ എന്താണ് എന്റെ പ്രമാർത്ഥ സ്വരൂപത്തിൽ മൂന്ന് കാലത്തിലില്ലെന്ന് പറയും മൂന്ന് കാലത്തില് അങ്ങനെ പറയാം ജ്ഞാനിയ്ഞാനി അങ്ങനെ ഭേദമൊന്നും അതും പറയാം ഭിന്ന ഭിന്നു പറഞ്ഞാൽ വിരോധമായി നമുക്ക് തോന്നുന്നില്ല ഭിന്ന പ്രക്രിയകളായിട്ട വിരോധം ഭിന്ന പ്രക്രിയകൾ വരുന്നു ഇതാണ് ഈ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പലതും പറഞ്ഞു പരസ്പര വിരോധം വരുന്നത് ഇതിന് വേറെ വേറെ പ്രക്രിയയിലാണെന്ന് പറയും അങ്ങനെ വ്യാഖ്യാനിക്കും പടർന്ന് നശിക്കുന്നതാണെന്ന് പറയും പഠിത്തം നസിക്കാത്ത സർവത സദൃശ കുലക്രമം മനോഗുണയിൽ ർദ്ധേന സഹേച്ച അതി വി ലക്ഷണം ഇനി ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരും ചോദ്യം എന്തായിരുന്നു ചോദ്യം എന്തായാലും നടന്നു എന്തായാലും ചോദ്യമില്ല എന്തുകൊണ്ട് വ്യാസന്റെ ദേഹനാണ് അതാണ് ചോദ്യം എല്ലാ വിതാശിവരൾ വ്യാസോ മഹാമരികൻ വിദേഹമുക്തനായി അച്ഛനന്തോണ്ട് വിദേഹമുക്തനായി അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും ഈ സൃഷ്ടിയുടെ വൈചദ്ധ്യങ്ങളെ കുറിച്ച് പറഞ്ഞത് മരണത്തെക്കുറിച്ച് പറഞ്ഞത് സൃഷ്ടി ആവർത്തിക്കുന്ന കാര്യം പറഞ്ഞു ഇനി ആ ചോദ്യത്തിനം പറയാൻ പോകും കേജു അർദ്ധേനുസരിച്ച് ഇവിടെയും ഉണ്ടാകുന്നവർ കുറെ ഒരവെന്താണെന്ന് പകുതി സാദൃശ്യം ഉണ്ടായി കഴിയുമ്പോ കഴിഞ്ഞുപോയത് ഇപ്പോ ഉള്ളവരുമായി ുമ്പ ഉണ്ടായതുപോലെയല്ല വീട്ടിലും ഉണ്ടാകുന്നു തികച്ചും ഭിന്നമായിട്ട് ചിലപ്പോ ഒരു മനുഷ്യൻ ആണെങ്കിൽ പൂർവ്വ ജന്മത്തിൽ മനുഷ്യനാണെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യനായിരുന്നു മനുഷ്യൻ പകുതി കാരണം പൂർവ്വ ജന്മത്തിൽ പുരുഷനായിരുന്നു ഈ ജന്മത്തിൽ സ്ത്രീയാക്കുമൊക്കെ സാദശ്യമുണ്ട് നാം അധികരക്ഷണമാകും പൂർവ്വജന്മത്തിൽ മനുഷ്യനായാലും ഈ ജന്മത്തിൽ കീടങ്ങളായാലും യും വളരെ ലക്ഷണമായും സർവത സദൃശ ആകും ചിലർ പൂർണമായും സാധിച്ചുകൊള്ളതായിരിക്കും എന്താണ് മനുഷ്യരായി പൂർവ പൂർവ സർഗത്തിൻ്റെ സർഗത്തിന്റെ മനുഷ്യൻ കേറ്റി കുലക്രമ മനോ ഗുണയും സാദൃശ്യം വരുന്ന എന്താണ് അവരുടെ കുലം അവരുടെ കുലക്രമങ്ങളനുസരിച്ച് പിന്നെ മനോഗുണങ്ങൾ അനുസരിച്ച് ഏത് കുലത്തിൽ ജനിക്കുന്നു ഏത് സ്വഭാവത്തോട് ജനിക്കുന്നു ഇതൊക്കെ അനുസരിച്ച് ഓരോ കുലത്തിൽ തന്നെ ജനിക്കാം വേറെ കുലത്തിൽ ജനിക്കാം ഒരേ സ്വഭാവശേഷത്തോടു കൂടി ജനിക്കാം മറ്റു പല സ്വഭാവശേഷത്തോടുകൂടി ജനിക്കാം ഇങ്ങനെയൊക്കെയാണ് സാദൃശ്യം വരുന്നത് കുറച്ച് സാദൃശ്യ സാദൃശ്യങ്ങൾ എടക്കോ പരസ്പരം ഭിന്നമായി ജീവി ഇങ്ങനെയാണ് ഓരോ ശ്രദ്ധങ്ങളും സൃഷ്ടി നടക്കുന്ന ം വ്യാസമനിയത്രംസം സംസ്മരാമ്യം യഥാ സംഭവ വിജ്ഞാന സന്ദ്രശ്യമാണല്ല അപ്പൊ പറയുന്നു ഇപ്പോ വശിഷ്ഠം നമ്മുടെ മുമ്പിൽ ഒരു വ്യാസനമുണ്ടാവും ആ വ്യാസ വ്യാസനം എന്ന് പറയുന്നത് എന്താണ് മുപ്പത്തിരണ്ടാമത്തെ വ്യാസനമാണ് കൃത്യം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് മുപ്പത്തിരണ്ടാമത്തെയാണ് അഹം സ്മ ഞാൻ സ്മരിക്കുന്നത് എന്റെ യോഗശക്തി അനുസരിച്ച് എനിക്ക് ഇത്രേം എന്നാണ് എന്റെ അർത്ഥം ഞാൻ സ്മരിക്കുന്ന വ്യാസങ്ങൾ എത്രയാണ് മുപ്പത്തി ഒരേ വ്യാസം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ജനിച്ചു മരിച്ച് ജനിച്ച് മരിച്ച് മുപ്പത്തിരണ്ടാമത്തെ വ്യാസങ്ങൾ എനിക്കൊക്കെ ഓർമ്മ എനിക്ക് അവർ പല സ്ഥലത്തും പലരുടെ കാര്യം പറയുമ്പോഴും പറയും സൃഷ്ടിയെ കുറിച്ചൊക്കെ പറയും എനിക്കിത്രയും ഓർമ്മയുണ്ടോ യഥാ സംഭവം കുറച്ചാ സന്ദർശ്യമാണ് സാദൃശ്യം കൊണ്ട് എന്താണ് യഥാസംഭവം ജന്മം വിജ്ഞാനം പാണ്ഡിത്യം പിന്നെ ദൃക് ആത്മജ്ഞാനം ഇങ്ങനെയുള്ള സാദൃശ്യങ്ങൾ കൊണ്ട് ഞാൻ കാണുന്ന മുപ്പത്തിരണ്ടാമത്തെ വ്യാസങ്ങൾ ഞാൻ സ്മരിക്കുന്ന ഇപ്പോൾ നേരിട്ട് കാണു ബാക്കി മുപ്പത്തി ഒന്ന് പേരെയും കണ്ട പരിചയമുണ്ട് ഇപ്പോ ഭരണ്ടായിരുന്നു ഭക്ഷണമെങ്കിലുണ്ടെങ്കിൽ സംശയം അതെനി പറയും എന്റെ കാര്യം ഇനി ഈ വ്യാസന്മാരുടെ കാര്യം പറയും ദ്വാദ അൽപത്രണി സമാകാര അതായത് പത്ത് പേര് ഒരു വ്യത്യാസവും പത്ത് പേര് ഒരുപോലെ ശ അത്പഥ്യത് അതില് പന്ത്രണ്ട് പേരെന്താണ് മന്ദബുദ്ധികൾ അത്പതി മന്ദബുദ്ധി അവര് വ്യാസന്റെ ബുദ്ധിയെന്ന് ഈ പറയുന്ന ഇതുപോലെയുള്ള ഇപ്പോഴുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് കുല ആകാര പ്രവൃത്തികൾ തുല്യമായിരുന്ന അല്പബുദ്ധിയാകാം അല്ലെങ്കിൽ ദശ സർവേ സമാഹാരം പത്ത് പേര് എന്താണ് പുലം ആകാരം പ്രവൃത്തി ഇതെല്ലാം കൊണ്ട് തുല്യമായി പത്ത് ശിഷ്ട കുലവിലക്ഷണം ബാക്കിയുള്ളവരൊക്കെ പല പല കുലങ്ങളിൽ ജനിച്ചവരാണ് ഒരു കുലത്തില് പല രൂപത്തിലായിരുന്നു വ്യാസന്മാരും നടത്തും മഹാബദ്ധവാന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരുന്നു പല വ്യാസന്മാർ തഥാപ്യ അന്യ ഭവിഷ്യന്റെ വ്യാസ ആത്മീയ തഥാപ്യ തഥാ അന്യഥ ഇതുപോലെ തന്നെ ബാക്കിയുള്ളവർ വ്യാസൻ മാത്രമല്ല അവരിനിയും ഉണ്ടാകില്ലേ ആരൊക്കെ ഗ്യാസൻ ഭരണി ഭൃഗു മങ്കിരസ് പുലസ്യൻ ഋഷിമാർ ഇവരുടെ ഇനിയും ഇങ്ങനെ പല രൂപത്തിലും ഉണ്ടാവും ഭവിഷ്യം ചെയ്യുന്നു അപ്പൊ ഇവർക്കൊന്നും മുക്തിയില്ല എന്ന് വെച്ച് ഇദ്ദേഹമുക്തിയില്ല എന്നാണ് പറഞ്ഞത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വ്യാസനും വ്യാത്മീകെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും തഥാപ്തീ ഭവിഷ്യത്തിൽ വ്യാസ വാർമീകസ്തൃഭു അങ്കിര കുലസ്ഥ അന്യദൈവൃഗസ്ത്യവേണ്ട പലതരത്തിനു നിരക്ക് ഇന്നും ഉണ്ടാകും എന്നും അഷ്ടം പറഞ്ഞു നരസുരക്ഷി ദേവാനാ ഗുണാ സംഭൂയപൂരിശ ഉദ്ബദ്ധന്റെ തദാചിച്ച് പൃഥക് പൃഥക് നരന്മാര് എന്താണ് സുരന്മാര് കൃഷിമാര് ദേവന്മാര് അതിൽ തന്നെ ബ്രാഹ്മണര് ഋഷ്യന്മാർ ദേവന്മാര് ഗണങ്ങൾ പല ദേവാനാ ഗണങ്ങൾ അവരുടെ ഗണങ്ങൾ പല പല ദേവന്മാരുണ്ട സംഭവിച്ച വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടി ചേർന്ന് വെള്ളം ഒരുമിച്ചുകൂടും ഓരോ സർഗത്തിലും ഉത്പത്തിയൻ്റെ വിലയൻ്റെ ഇവരൊക്കെ ഉണ്ടാകുന്നു വിനയിക്കുന്നു മരിക്കുന്നു അല്ലെങ്കിൽ നശിക്കുന്നു അല്ലെങ്കിൽ വിനയിക്കുന്നു കഥാചിത്ര പൃഥക്ത ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴാണോ പറയാൻ പറ്റില്ല ഉണ്ടാകുന്നു ഗവ്യവരെ കൂടി ചേരുന്നു ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന് ചുരുക്കം പലതരത്തിൽ ആവർത്തിക്കുന്നു ബ്രാഹ്മി ദ്വാസപ്തതി ഭവിഷ്യതിന്യസ്ത ലോകാസ്ഥ അഹംചേരിഹം ഗ്രാമീ ദ്വാസപ്തതിൽപ്പത്തിൽ ഒരു കൽപ്പത്തിൽ ദ്വാസപ്തതി ത്രേത ത്രേതായുഗം എന്ന് പറയുന്നത് ഇതെത്രാമത്തെയാണ് ദ്വാസപ്തതി എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ടാമത്തെ എന്താണ് ത്രേതായുഗമാണ് എത്ര വലുതാണ് എഴുപത്തി രണ്ടാമത്തെ ത്രേതായ ഒരു ത്രേതായുഗമം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വർഷത്തിലധികമാണ് പന്ത്രണ്ട് ചില്ലറെ ഒരാണുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തിലധികമുള്ള എന്താണ് ദ്വാസപ്തതി അത്ര എഴുപത്തിരണ്ടാമത്തെ ഒന്ന് കണക്കൂട്ടി പോകുക എത്ര ലക്ഷം ഞാൻ കണക്കിന് അൽപ്പം മോശമാണ് കൂട്ടുന്നില്ല എഴുപത്തെ എത്ര ലക്ഷം മധമായി എത്ര ലക്ഷം അതവിടെ ഈ കൽപ്പത്തിൽ ഗ്രാമീ കൽപ്പത്തിലാണ് ഒരു കൽപ്പത്തിൽ തന്നെ എന്തുവരുന്നു അനേക യുഗങ്ങൾ അതിൽ തന്നെ ക്രേതായുഗം ക്രേതായുഗം തന്നെ അവിടെയുള്ളപ്പൊതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ ഏറെ യോഗിക്കുന്നു അരിയോ അവിടെ തന്നെ അല്ല അങ്ങനെയാണെങ്കിലോ ഇവർക്കിപ്പോ ഒരുമിക്കാൻ പറ്റും ഇപ്പൊ വ്യാസനും വസിഷ്ഠനും മൃസ്യനും അവരൊക്കെ പറയുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പൊ ഇവിടെ ഈ പറയുന്നതിന്റെ യുക്തി അതാണ് ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ഇരിക്കും ഇവർ പലതവണ ഇതുപോലെ ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ദേ യുഗം തന്നെ ചെയ്യണം വീണ്ടും വീണ്ടും അവർത്തിച്ചാൽ ഇവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റും ഇതൊരു വലിയ കണക്കാണ് ആസി അസ്ഥി ഭവിഷ്യും ഉണ്ടായിരുന്നു ഇതായിപ്പോണ്ട് പിന്നീട് ഉണ്ടായിരുന്നു ഇതൊക്കെ വീണ്ടും അവർ സൈവം ഉന്യസ്റ്റ ലോകം ആ വ്യാസൻ മാത്രമല്ല മറ്റുള്ളവല്ലാവരും അപ്പൊ രാമന്റെ അവതാരം ഒന്നല്ല നമ്മൾ വിചാരിക്കുന്നു രാമനും എന്തു ചെയ്തു ഈ ദ്വാസം എഴുപത്തെട്ട് ദേവതായോ വീണ്ടും രാമൻ എന്തു ചെയ്തോ അവതരിച്ചു അതാണ് സീത പറയുന്നത് ആധ്യാത്മരാമായ രാമായണം ഞാൻ പലതും വായിച്ചിട്ടുണ്ട് പക്ഷെ സീതയെ കൂടാതെ രാമൻ കാട്ടിപ്പോയിട്ടില്ല എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഇതായ കണക്ക് തൊംച്ച നീയും അഹം ച ഞാനും ഇതെല്ലാം പക്ഷെ നീ അറിയില്ല ഭഗവാൻ പറയുന്ന പോലെ ഭഗവനിയമേ വലിയതായി എന്നാണ് നമുക്ക് രണ്ടുപേർക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പക്ഷെ നീ അറിയുന്നില്ല ഞാൻ അറിയുന്നു അതുപോലെയാണ് വർഷം പറയുന്നത് ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയി എന്നും കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ കേട്ടപ്പോന്നുണ്ടാവും ശരിക്കും തോന്നുന്നു പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യന്റെ ഭാവന ആ ഭാവനയ്ക്ക് അപ്പുറം ഈ പറയുന്ന ദ്വാപരം ത്രേത പിന്നെ ഈ പറയുന്ന യുഗങ്ങളും ഇതെല്ലാം വർഷസംഖ്യകളും എല്ലാം കേവല ഭാവന മാത്രം അല്ലാതെ അതിനകത്ത് വേറെ യാഥാർത്ഥ്യം എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഭാവരീകരിക്കും ഒന്നും ഇല്ലാത്ത ഞാൻ ഭാവര അത് ഭാവന അല്ലാതെ പരമാർത്ഥമാണെന്നുള്ള പറയട്ടെ ഇത് പുരാണെന്നുണ്ടെല്ലാം പറയുന്ന കാര്യമാണ് ഈ നമ്മുടെ ഈ യുഗ കണക്കിന് യോജിക്കാത്ത ഇതൊക്കെ സംഭവിച്ച ഭൂമിയിലെന്നാ പറയുന്നത് മനസ്സിലായി ഈ ഭൂമിയിൽ നമ്മുടെ ഇന്നത്തെ ഹോമോസാഫിയൻസ് ഉണ്ടായിട്ട് പരമാവധി മൂന്ന് ലക്ഷം വർഷായിട്ട് 3 ലക്ഷം വർഷം അതിനുമ്പോൾ നമ്മുടെ ജീവിച്ചിരുന്നത് എന്താണ് ഒന്നാം തരം കുരങ്ങുകളായി അവർക്ക് നമ്മുടെ ബുദ്ധിയില്ലേ ഈ ഹോമോസാഫിയൻസ് എന്ന് എന്താണ് ഹോമോഫിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയോട് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നും ഉണ്ടായില്ല ബുദ്ധിയുള്ള മനുഷ്യനൊന്നാണ് അതിന് നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യൻ ഉണ്ടായിട്ട് ഇതുപോലെ ബുദ്ധിയുണ്ടായി എല്ലാവർക്കും അജീവനത്തിനുള്ള ബുദ്ധിയുണ്ട് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷമേ ഒള്ളൂ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നു അതിനെവിടെ വ്യക്തമായി ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം ആയിട്ടില്ല നമ്മള് ഇപ്പൊ ഇരിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷം അതിനുള്ള തെളിവുകളെ കിട്ടും എന്നാലും ഇതേ ഹോമോസാക്യൻസിൻ്റെ ഒരു ആദ്യ രൂപ മൂന്ന് ലക്ഷം വർഷമായിട്ടു ഈ ദ്വോബരയുപം പന്ത്രണ്ട് ലക്ഷം വർഷത്തിന് മനുഷ്യരുണ്ടായിരുന്നു തന്നെയാണ് പറയുന്നു അപ്പൊ ഈ മനുഷ്യർ എവിടെ ജീവിച്ചത് എല്ലാവരും ഭൂമിയിലല്ല അപ്പൊ അവിടെയൊക്കെ അയോധ്യ എവിടെയാണ് ീ രാമിങ്ങനെ ദ്വാസ എഴുപത്തിരണ്ട് പ്രേതാവുഗ് ജീവിച്ചിരുന്നു ഏക യുക്തി എവിടെ ഇത് ഭാവനയല്ലാതെ നമ്മുടെ ഈ യുഖക്കണക്ക് പറയുന്നത് അത് കേവലര് ഭാവന മാത്രം എന്തുകൊണ്ട് ഹ്യൂമൻ റിവല്യൂഷനെ കുറിച്ച് ഇത് എഴുതി ഇതൊക്കെ വായിച്ചിട്ടാണ് ഒരുപാട് ഒരു അമ്പരം പോയിട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരു ഗ്രന്ഥം ഞങ്ങൾ വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ കണക്കുകളൊക്കെ കേട്ടിട്ടാണ് ആഹാ അപ്പോ പന്ത്രണ്ട് ലക്ഷം വലി ഇത്രയും യുവാസക്ത എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാ ഇതിനെ മനസ്സുകൊണ്ട് ഈ ഭാവന സത്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്രന്ഥമായി നോക്കു തോന്നും ഇതുപോലൊരു ഗ്രന്ഥം ഇവരാരും എഴുതിയിട്ടില്ല എന്നൊക്കെ പറയും ഈ കണക്കുകളെല്ലാം കേട്ടിട്ടാണ് ഭാവനയാണെന്ന് വരും അപ്പോ അങ്ങനെ ഈ എന്താണ് ഈ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായിരുന്ന ഒരു സാധ്യതയില്ല സാധ്യത പോലില്ല അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഏകകോശ ജീവിക്ക് ഇടവരെ തെളിവ് നോക്കുന്നു അപ്പൊ വരെ ജീവനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിവുണ്ട് പക്ഷേ ഏകകോശ ജീവികൾ പിന്നെ ബഹുകോശ ജീവികളായി എത്രയോ കാലം പിന്നെ ജീവ വൈവിധ്യമുണ്ടാകും എൺപത്തി മൂന്ന് കോടി വർഷങ്ങൾക്കും ജീവ വൈവിധ്യം ഉണ്ടാവും പലതരത്തിൽ സമുദ്രത്തിൽ പലതരത്തിലുള്ള ജീവികളുണ്ടാവും പിന്നീടാണ് കരയിലും ജീവികളുണ്ടാവും അത് കഴിഞ്ഞ് തന്നെ എത്രയോ കാലയ ലോകം മുഴുവൻ ദിനോസ അടക്കി ഭരിച്ചിട്ടുണ്ട് ചെറിയ വെറും മൂന്ന് ലക്ഷം വർഷം കിട്ടും ദിനോസറുകളിലൂടെ ഭരിച്ചിരുന്നത് പതിനെട്ട് കോടി വർഷമാണ് പതിനേഴ് പതിനെട്ട് കോടി വർഷം അവരുടെ സ്വതന്ത്ര വിവാദങ്ങൾ അപ്പോൾ ഇനി നമ്മൾ അവരൊക്കെ പോകത്തുണ്ടെങ്കിൽ എത്ര കൊല്ലം ജീവിക്കും പതിനെട്ട് കൊല്ലം അവരുടെ ജീവിക്കും പതിനെട്ട് കോടി അല്ലെങ്കിൽ പതിനേഴ് നമുക്ക് ഒരു ഏകദേശ കണക്കാക്കറിയത് കൃത്യമായിരുന്നു നമ്മള് മൂന്ന് ലക്ഷം ഈ പറയുന്ന കണക്കു തന്ത്ര ലക്ഷണമൊക്കെ വെച്ച് എന്താണ് പറകിലോട്ട് കണക്കാക്കി പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോ അങ്ങ് എന്താണ് ഈ കോടി എമ്പത്തിമൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് കേംബ്രിയൻ എക്സ്പ്രോഷൻ എന്ന് പറയുന്ന പ്രതിഭാസം അങ്ങനെ ഇന്ത്യ ഉണ്ടാകുന്നു അവിടെയൊക്കെ ഈ പറയുന്ന കണക്കാക്കോ വെച്ച് നമ്മൾ പറയുന്ന ഒരു കണക്കായിക്കോട്ടെ അന്ന് മനുഷ്യനെ ഉണ്ടായിരുന്നൊന്നുമില്ല അന്നൊന്നും മനുഷ്യനെ ഉണ്ടായിരുന്നില്ല കാരണം മനുഷ്യ പരിണാമം സംഭവിച്ചിട്ടില്ല പഠിച്ചു പിടിച്ച് വെറും പൊട്ടന്മാരാവില്ല അപ്പൊ നമുക്ക് ഈ മനുഷ്യനാണ് ബോഡി ബ്രെയിൻ പ്രപ്പോഷണുകളായിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രേ അപ്പം നമുക്കാണ് എന്താണ് മറ്റ് ജീവികളെ അപേക്ഷിച്ച് മറ്റ് ജീവിക്കും ബുദ്ധി ഇല്ലെന്നല്ല അവർക്ക് ചില വിരക്ഷണമായ വിദ്യകളൊക്കെ ഉണ്ട് നമുക്കില്ലാത്ത സ്ഥിതികളൊക്കെ ജീവിക്കും പക്ഷെ അതിനെല്ലാം അപേക്ഷിച്ച് ഭാഷ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കൊക്കെ ഉള്ള ബുദ്ധിവകാസം പ്രാപിച്ച മനുഷ്യനാണ് അതാണ് മനുഷ്യന്റെ പ്രത്യേകത അത്തരത്തിലുള്ള ഒരു ബുദ്ധി വികാസം സഹജമായ ഒരു വികാസം അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്കില്ലാത്ത കഴിവുകളൊക്കെ ചിലപ്പോൾ മറ്റ് ജീവികൾക്കും ഉണ്ടാവും പക്ഷെ ഇതുപോലെ ഭാഷാവും വേറെ ജീവികൾക്കും ഇല്ല അങ്ങനെ ബുദ്ധിയുള്ള നമ്മൾ എന്താണ് ആ ബുദ്ധി കുറച്ച് ഉപയോഗിച്ച് ജീവിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ജീവിക്കുമ്പോൾ അത് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെ വേണം നമ്മുടെ ബുദ്ധി കുറച്ച് ഉപയോഗിക്കും അതുകൊണ്ട് ഈ പറയുന്ന പഴയ ഭാവനകൾ ദ്വാകരം കരിയും മറ്റും ഈ കണക്കുകൾ കോടികളുടെ കണക്കുകൾ അന്നൊന്നും എന്താണ് ഈ ഭൂമിയിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു വർദ്ധകുണ്ട് പൊരങ്ങന്മാരുണ്ടായി അതിൻ്റെയും പ്രകടപ്പം അതിനും പ്രകപ്പം അതുകൊണ്ട് കണക്കുകളൊക്കെ വെറും അബദ്ധമാണ് ഈ വർഷക്കണക്കുകൾ പറയുന്നത് പിന്നെ ഇന്ന് ചില ആധുനിക ന്യായീകരണ തൊഴിലാളികളുണ്ട് അവർ പറയും അവിടുത്തെ വർഷം എന്ന് പറയുന്നത് ഈ വർഷം ഈ വർഷമല്ല ആ വർഷം ആ വർഷമല്ല ഈ വർഷം ഈ വർഷം ആ വർഷം രണ്ടു വർഷമാണ് ഇങ്ങനെയൊക്കെ ചില എന്താണ് ഗോസംരക്ഷകൾ പറയുന്ന അത് പരമാബദ്ധം വർഷങ്ങൾക്ക് ഒന്ന് തന്നെ അല്ലാതെ രണ്ട് വർഷങ്ങളൊക്കെ അവരുടെ ഇവിടെ വർഷവും വെച്ചാൽ ദിവസവും മാസം അന്ന് ഇതൊക്കെ പറയുന്ന പുരാണങ്ങളിലൊക്കെ പറയുമ്പോൾ അവർ കൃത്യമായി വർഷങ്ങളുടെ കണക്ക് പറയും അങ്ങനെ പക്ഷം മാസം വർഷം അതൊക്കെ കൃത്യമായും പറയും ഇതേ ആൾക്കാർ എന്ന് പറയും വളരെ പുരാതന കാലം ഒക്കെ നമുക്ക് എന്താണ് കാലഘട്ടം നമ്മൾ പശ്ചാത്തലമൊക്കെ ആളുമ്പോൾ വളരെയധികം മുന്നിലായാലും ഇപ്പം ഇവർ കണ്ടുപിടിക്കുന്ന കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും പറയും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണുമ്പോൾ പറയും നമ്മുടെ കാലഘട്ടം വേറെയാണ് അവിടെ വർഷവും എല്ലാം വേറെ കളക്കാണും ഈ പറയുന്നതിൻ്റെ വൈരുദ്ധ്യം മൂലം എന്ത് ചെയ്യുന്നു ഇവിടെ ഇതേ ഇവിടെക്കെന്നാണ് രാമന് പതിനാറ് വയസ്സ് തെളിയിക്കും മുമ്പ് തന്നെ വിവാഹാലോചന നടത്തിയതാണ് അപ്പൊ പതിനാറ് വയസ്സ് പതിനാറ് വർഷമാണ് അങ്ങനെ ദിവസങ്ങളായി കഴിഞ്ഞാൽ എന്താണ് പതിനാറ് ദിവസത്തിൽ നിന്ന് വിവാഹാലോചന നടത്തിയത് എന്നാണ് ഈ പറയുന്നത് ഇപ്പോഴാണ് രാമൻ തീർത്ഥയാത്രയ്ക്ക് പോയത് രാമൻ ജനിച്ചതും വളർന്നതും തീർത്ഥയാത്രയ്ക്ക് വർഷം ഇത് ഈ പറയുന്ന വർഷം തന്നെ അവിടെയൊന്നും മാറ്റില്ല പിന്നെ ഇന്ന് മനുഷ്യനെ ഈ നമ്മുടെ റവല്യൂഷനുമൊക്കെ ആയിട്ട് വിരോധം വരുമ്പോൾ ആൾക്കാർ എന്ന് പറയും അതിന്റെയൊക്കെ അർത്ഥം നേരെയാണ് ഇതിന്റെ അർത്ഥം നേരെയാണ് പറഞ്ഞ് വീണ്ടും ആൾക്കാരെ പറ്റി അന്തബുദ്ധികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ എം ബി ബി എസ് പാസ്സായ എന്താണ് അവർ ഈ കർണാട്ടി എത്രയോ നല്ല രീതിയിൽ പഠിക്കുന്നു എത്ര വർഷം പഠിക്കുന്നു അങ്ങനെ പഠിച്ച ഒരാളുടെ ഞാൻ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കണം അതൊരു അന്ധവിശ്വാസമല്ലേ മനസ്സിലായി ഇയാളൊരു അന്ധവിശ്വാസിയാണ് അയാൾ തിരിച്ചറിയുന്നില്ല അത് അന്ധവിശ്വാസമല്ല എന്നോട് ചോദിച്ചു ശരീരഭ്യാസം പഠിച്ചിട്ടും പക്ഷെ അത് ശരിയാണ് അവരെ പഠിപ്പിക്കുന്നത് വേറെ രീതിയിലാണ് ശരീരഭ്യാസം അവര് പഠിക്കുന്നത് രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ റെബുലൂഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശരീരശാസ്ത്രം പഠിക്കുന്നത് ഈ ശരീരം എങ്ങനെ കാലങ്ങൾ കൊണ്ട് പരിണമിച്ചു പിറന്നുമാരുന്നെങ്ങനെയാണ് മനുഷ്യനായി പരിണമിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അപ്പോ അങ്ങനെ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അന്ധവിശ്വാസത്തിന്റെ നമ്മുടെ ബ്രെയിൻ വേറെയാണ് അത് പ്രത്യേക സ്ഥലത്താണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ആധുനികമായ വിദ്യാഭ്യാസം കിട്ടിയാലും നൂറ് ശതമാനം അന്ധവിശ്വാസികളെ അദ്ദേഹം മോചനം നേടണം പറയുന്ന ഈ സർഗക്കണക്കുകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു ഈ രണ്ടും എന്താണ് പ്രപഞ്ചത്തിന്റെ പരിണാമവും ജീവന്റെ പരിണാമവും ഇതെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ അപ്പം നമുക്കിതൊന്നും അംഗീകരിക്കാൻ പോയി പറ്റില്ല ഫോർ പോയിന്റ് ഫൈവ് നാനൂറ്റി അമ്പത് കോടി അത്രയും ഭക്ഷണേ ആയിട്ടുള്ളൂ ഈ ഭൂമി ഉണ്ടായിരിക്കും ഇവരെ കണക്കൊക്കെ പറഞ്ഞു തന്നെ ആദ്യം പറയും ഭൂമി ഉണ്ടാവുന്ന അത് കഴിഞ്ഞിട്ടാണ് ജീവന്റെ ആരംഭം ഭൂമിയിൽ എന്താണ് തെളിവ് കെട്ടുന്നതാണ് ഈ പറയുന്നത് ഇവരെങ്ങനെ ഉണ്ടായിരുന്നല്ലോ അതിന് തെളിവ് കിട്ടുന്ന ഇരുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾ അന്നെന്താ നമുക്ക് സങ്കല്പിക്കാൻ പോയാതെ ഏകകോശ ജീവികളാണ് എന്തെല്ലാം പരിണാമമുള്ള സംഭവിച്ചതിനെ കുറിച്ചും ശാസ്ത്രജ്ഞന്മാർക്ക് ശരിയായ ധാരണകളുണ്ട് അല്ലാതെ അന്ധവിശ്വാസമില്ല അവര് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് മനുഷ്യനുണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷം പരമാവധി അപ്പൊ പിന്നെ പറയുന്നത് വെറും ഭാവനായിരുന്നു ഇതാണ് അർത്ഥവും ഈ പുസ്തകം വളരെ മഹത്തായ ഒരു പുസ്തകം എന്ന് പറയുന്നതിന് അർത്ഥവും വരുന്നുണ്ട് എന്ത് വരുന്ന തത്വചിന്തകൾ നമ്മൾ അംഗീകരിക്കാം അത് വരുന്ന ഈ എന്താണ് സൃഷ്ടിക്രമം അത് ഇത് എന്തൊക്കെ പറയുന്നത് അതൊക്കെ അബദ്ധമാണ് എന്താ കുഴപ്പം മാറിയിട്ട് എന്താ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശരിക്കുന്നത് അദ്ദേഹത്തിൽ അതിനകത്ത് അത് പറയാൻ പറ്റില്ല അണാബുദ്ധതിനെക്കുറിച്ചൊന്നും മനുഷ്യനെ കുറിച്ച് അങ്ങനെ മനുഷ്യന് എന്താണ് കുരങ്ങുകളെ പോലെ ഒരു സ്പീഷീസാണ് ഒരു വർഗമാണ് ഭാവന ഭാവന എന്ന് പറയുന്നത് കാണുന്നത് എന്താണ് തൊണ്ണൂറ് ശതമാനം ഭാവനകളും വരുന്നത് സ്വപ്നത്തിൽ സ്വപ്നം എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രപഞ്ചമാണ് ഒരാൾ സ്വപ്നത്തിന് എന്ത് ചെയ്യുന്നു അനേക ജന്മങ്ങളും ഇതൊക്കെ ഉണ്ടാവും ഒന്ന് ഒന്നും ഒരു പ്രധാനമായ മറ്റൊന്ന് മനുഷ്യനും ഭാവന ഉണ്ടാകും ഈ അതിരുകടന്ന ഭാവനകളുണ്ടാവും അതിൻ്റെ തന്നെ ബ്രെയിനിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ബ്രെയിനിൻ്റെ ഉണ്ടാകുന്ന ചില പ്രശ്നം അത് സ്വപ്നത്തിൽ പോയി ജാഗ്രത ലുന്നവരാണ് അതിരില്ലാത്ത ഭാവന ഉണ്ടാവണം സാഹിത്യത്തിൽ വരുന്നതല്ല സാഹിത്യത്തിലെന്ന് പറയുന്നത് എന്താണ് വളരെ നിയന്ത്രിതമായ ഭാവനകൾ എന്നാലേ സാഹിത്യമാണ് അതിരില്ലാത്ത ഭാവനകളിൽ ഭാവന മനുഷ്യൻ ആകാശത്തു കൂടി പറക്കുന്നു എന്ന് ഭാവന ചെയ്തതുകൊണ്ടാണ് മനുഷ്യന് വിമാനങ്ങൾ സഞ്ചരിക്കാൻ പറ്റിയത് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങളുടെയും പിന്നിൽ മനുഷ്യൻ തുടങ്ങുന്ന ഭാവനയിൽ നിന്നാണ് ഭാവനയ്ക്കന്നുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ച് അതിലൊന്നും വയ്ക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഭാവനകൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് അതിരില്ലാത്ത ഭാവനകൾ അല്ലാ ഭാവന മോശമായ കാര്യം മനുഷ്യൻ ഇവിടെ ഒരുപാട് സുഖിക്കുകയും ദുഃഖിക്കുകയും കഷ്ടപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ മറ്റൊരു രോഗം അവിടെ സുഖം എന്നൊരു ഭാവന ചെയ്യുന്ന അവരൊരു രോഗം ഉണ്ടായിരിക്കുന്നു പക്ഷെ മനുഷ്യൻ്റെ എന്താണ് അവൻ അവന്റെ ഭൗതികമായ സാഹചര്യങ്ങളെ പരിചയപ്പെട്ട അവന്റെ ചുറ്റുപാടുകൾ അവൻ തിരിച്ച് അങ്ങനെയുള്ള ഒരു ലോകത്തിലുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു തരും സാധ്യതയുണ്ട് പറയും സ്വർഗം നരകം ഇങ്ങനെയുള്ള സാധ്യതകൾ കുറഞ്ഞു പറഞ്ഞു തരും ഈ പ്രപഞ്ചത്തിലുള്ള ഈ പറയുന്ന പോലെയുള്ള സുഖങ്ങൾക്ക് സാധ്യതയില്ല അപ്പോൾ അതില്ലെങ്കിലും നമ്മൾ ഭാവിയിൽ കൊണ്ടുനടക്കണമെങ്കിൽ അത് അതിൽ കിടന്ന ഭാവന നമ്മളീ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പ്രപഞ്ച നിയമങ്ങൾ ഒന്നു തന്നെയാണ് അതിന് മാറ്റമില്ല ഭൗതികശാസ്ത്ര ഇതിലു വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഉലംഘിക്കുന്ന ഒരു ഭാവിയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗക്രമങ്ങളും ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷം മനുഷ്യൻ ജീവിച്ചിരുന്ന് കത്തിക്കുകയും മനുഷ്യന്റെ ഭാവനയാണ് അതിനകത്ത് അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല അതിനുള്ള ഒരു സാധ്യത പോലും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുട്ടന്മാരായിട്ട് നമ്മളൊരു മനുഷ്യൻ എന്താണ് പല സർഗങ്ങളിലായി കഴിയുമ്പോൾ വിചാരിക്കുക ആ ഓരോ സ്വർഗങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷത്തുണ്ടായിരിക്കും ഇതൊക്കെ ഭാവനയിൽ എന്ത് വേണം പറയാൻ പറ്റില്ല നിങ്ങളുടെ ഈ പുനർജന്മത്തെ അനുഗ്രഹിച്ച് ശരി ഈ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെല്ലേ മനസ്സിൽ അപ്പൊ നിങ്ങളൊക്കെ എന്തായിരുന്നു ദിനോവസറുകളായിരുന്നു എന്നുവെച്ചാൽ ഈ പട്ടണത്തിനെ കാലം വലിയപ്പോ ഉള്ള ദിനോവസറുകൾ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു മനസ്സിലായി കുറച്ചും അനുഭവം അനുഭവപ്പെരങ്ങളായി ഞാനിങ്ങോട്ട് അനുഭവം ഈ പതിനെട്ട് കോടി വർഷം ഭൂമിയിൽ ദിനവസരങ്ങൾ ജീവിച്ചിരുന്നില്ല ഈ ദിനോസരങ്ങൾ നിങ്ങൾ എന്ത് കർമ്മം ചെയ്തിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് മനുഷ്യൻ നോക്കിയത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം അത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതൊരു ഫലസിയാണ് അങ്ങനെ ഞങ്ങള് ഇത്തവണ ലോട്ടറി എടുത്തു വയ്ക്കുന്നു അടിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്തവണെടുക്കുന്നു മരണം വരെ ലോട്ടറി എടുക്കുന്നു അടിക്കും മനസ്സിലായി അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിച്ചു നമ്മുടെ കാശ് മുഴുവൻ പോവും അങ്ങനെ എത്രയോ പാവപ്പെട്ട ഈ സർക്കാർ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെന്ത് ചെയ്യുന്നു അവര് ആയിരം രൂപ ഒരു ദിവസം കോരി പണി ചെയ്ത അഞ്ഞൂറ് രൂപ ലോട്ടറി എടുക്കും അടിക്കത്തില്ല നല്ല പ്രതീക്ഷ എന്താണോ അടുത്തവണ്ണം വീണ്ടും അടിക്കണം അതുപോലെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഞാനും ഉത്തരവാദി കാമ്പസിൽ എനിക്ക് ഉത്തരവാദിത്വം അപ്പൊ ചോദ്യം ചെയ്യുന്നതാണ് ആ ദിനോസകളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് കർമ്മം ചെയ്തിട്ടാണ് ഇപ്പം മനുഷ്യരായത് അപ്പൊ മനുഷ്യന്റെ എന്ത് കളമ്പോ ചെയ്താണിപ്പൊ നിങ്ങൾക്ക് മനുഷ്യരെ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പരിണാമശ്വാസത്തിൽ നിന്ന് ക്ഷമിക്കേണ്ടി പറയും ഇനി അങ്ങനെ മുമ്പുണ്ട് ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വടക്കേന്ത്യെന്ന് കിട്ടി എന്നാണ് ദിനോത്സവത്തിന്റെ മുട്ടകൾ അവരെത്രേ കാലം അത് ദൈവമായിട്ട് ആരാധിച്ചിരുന്ന അസുഖന്മാരെ ഓടിപ്പോക്കി അത് നോക്കിയപ്പോഴാണ് സ്ഥലിന്റെ മൊട്ട ഇതൊക്കെയാണ് നമ്മുടെ ദൈവം ഒരു തിരിച്ചറിഞ്ഞില്ലാതെ ഒരു ജീവിയുടെ മോട്ടയാണ് അവർക്കത് ദൈവമാണ് ശാസ്ത്രജ്ഞന്മാർക്ക് എന്താണോ അസൈന ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്ന മാമത്തകൾ നിങ്ങൾ അത് വല്ലായിരുന്നു അതൊക്കെ ആയിരുന്നാലും ശരി എന്താണ് നിങ്ങൾക്ക് ഒരു കർമ്മവും ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല അവസരങ്ങൾ മനുഷ്യരിന്റെ അതിന്റെ മുമ്പിലേക്ക് പോയാൽ ഈ പറയും അമ്പത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായോ ജീവ വൈവിധ്യം ഇന്ന് നമുക്ക് ആ ജീവനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയുന്ന കാര്യമില്ല പക്ഷെ അതിൻ്റെയൊക്കെ പോസിറ്റീവ് ആ ജീവികളായത് ഇപ്പം നിങ്ങൾ എന്ത് കർമ്മം ചെയ്തു മനുഷ്യനാണ് പിന്നെ ഈ ഭൂമി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഈ ജീവികളൊന്നും ഉണ്ടായില്ല പിന്നെ ഏത് കർമ്മം ചെയ്തിട്ടാണ് നിങ്ങൾ മനുഷ്യരായത് എന്താണ് ശാസ്ത്രീയ നിരീക്ഷണം കൂടെ നമുക്ക് ഇക്കാര്യങ്ങളിൽ ആ നിരീക്ഷണത്തിനൊരു അടിസ്ഥാനം നോക്കുമ്പോൾ എന്താണോ പുനർജന്മം ഈ സന്ദർഭത്തിൽ ഞാൻ പറയും പിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കത്തെങ്കിൽ വിശ്വസിക്കാൻ ഞാൻ അതിനെന്താ ചോദ്യം ചെയ്യുകയോ അതിനെ നിഷേധിക്കുകയും ചെയ്യുകയോ വിശ്വാസം നിങ്ങളുടെ പെഴ്സണൻ്റ നിങ്ങൾക്കടുത്ത ജന്മത്തിൽ ദിനോസരായിരുന്നു ഇപ്പൊ മനുഷ്യനായിട്ട് വിശ്വസിക്കും ഞാനെന്തിനും ചോദിക്കുന്നു അതല്ല ഞാൻ പറയും ശാസ്ത്രീയമായ നിരീക്ഷണത്തിൽ യാഥാ സാധ്യത നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങൾക്ക് ഹ്യൂമൻ എവലൂഷൻ എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരുന്നില്ല സയൻസിനെ നിഷേധിക്കേണ്ടി വരും ഇപ്പോഴുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും നിഷേധിക്കേണ്ടി വരും നിങ്ങൾക്ക് കമ്പ്യൂട്ടറുകൾ നിഷേധിക്കേണ്ടി വരും നിങ്ങൾക്ക് മൊബൈലിനെ ഹോസ്പിറ്റലിൽ നിഷേധിക്കേണ്ടി വരും സ്കൂൾ എല്ലാ നിഷത്തിലും പറ്റുള്ളൂ അതുകൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം അതിന് ഞാൻ വിശ്വാസ ചോർത്തും ചെയ്യുന്നില്ല ഇവിടെ പറയുന്ന ആധുനിക എന്താണോ വിജ്ഞാനത്തിൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അതിനുള്ളൊരു ഒരു ശതമാനം നോക്കും കാരണം മനുഷ്യനെ ഇല്ലാതിരുന്ന സമയത്തും ഈ ഭൂമിയിൽ അനേകം കോടി വർഷം മറ്റ് ജീവികളുണ്ട് അപ്പോ പുനർജന്മം എന്ന് പറയുന്നത് എന്താണ് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ജീവികളുടെ കർമ്മം കൊണ്ടാണോ നിങ്ങൾ ഈ ജീവിയായി മാറിയത് എന്നുള്ള എന്ന ചോദ്യത്തിൽ ഇത്തരം പറയും ആരെങ്കിലും ഉണ്ടാ പറയാൻ പറഞ്ഞിട്ടില്ല തിറക്കിച്ചാലും മതി എനിക്ക് കേട്ടാലൊരു രസമുണ്ട് അതുമായിട്ട് ഒത്തുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നിങ്ങളെക്കാളും ബുദ്ധിയുള്ള എന്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ലോകം ഉണ്ടായിട്ട് ആറായിരം വർഷമായിട്ടു അതായത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ലോകം ഒരു ആറായിരം അപ്പൊ എന്തെയ്തു ഈ ആറായിരം വർഷം എന്ന് പറയുമ്പോ ഈ ആകാശവും ഭൂമിയൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്തെയ്തു അപ്പൊ മനുഷ്യനെ ശ്രഷ്ടിച്ചു ദൈവം മനുഷ്യനെ ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ ആറായിരം വർഷം അപ്പൊ പരിണാമം ഇതൊക്കെയോ ബൈബുഡ് അനുസരിച്ച് വർഷം സൃഷ്ടിച്ചത് അപ്പൊ അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മത്തെ അംഗീകരിക്കാൻ തുടങ്ങി ആറായിരം വർഷം മുമ്പ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പൊ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു നമ്മൾ എന്ത് ചെയ്തു വീണ്ടും കർമ്മം ചെയ്ത് പുതിയ ജന്മുകൊണ്ടായി നമ്മൾ ഇന്നീറ അല്ല വേറെ വഴി അങ്ങനെ ആലോചിച്ചിട്ട് വരും പക്ഷെ ഇതിനെ എതിർക്കുന്നവരുണ്ട് ഒന്ന് യുവാജിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യൻ മറ്റൊന്ന് ദവാപ്രവക്തരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്ലാമിക വിഭവം അവരില് നല്ല പഠിപ്പുള്ള ആൾക്കറിയാം വേണ്ടിയെന്ന് അവർ പരിണാമശാസ്ത്രം പഠിച്ചിട്ട് തന്നെ ഇല്ല എന്തിനും അവരുടെ ഇമാൻ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവങ്ങളെ ഇല്ല എൻ്റെ ശാസ്ത്രത്തെ നിഷേധിക്കുന്നു ഇതിന്റെ അവരുടെ വിശ്വാസം അതിനു വേണ്ടി അപ്പൊ അവര പോരാളികളാണ് സംരക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നത് അത് വേണമെങ്കിൽ പോരാളികളാണ് പുനർജന്മത്തിന്റെ പോരാളികൾ അതാണ് എന്നിട്ടെന്ത് ചെയ്യണം എന്നെപ്പോലുള്ള ആൾക്കാർ പറയുന്ന പരമാവധം എന്ന് പറയും അവരെപ്പോലെയാവും കാരണം അവിടെ തവാ പ്രവർത്തകർ ഇവാൻ ചിന്സ്റ്റോറും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന കുറച്ച് ആൾക്കാർ ഒരാൾ എന്തായാലും ഒരു ഉഴപ്പും ഞാൻ കൂടെ എതിർക്കാനൊന്നും വരത്തില്ല ഞാൻ പറയുന്നതെന്നും എന്താണ് എന്റെ ഒരു അഭിപ്രായം ആയിട്ടില്ല ശാസ്ത്രത്തിന്റെ നിരീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അസാധ്യതയാണ് ഈ പറയുന്നതെന്നും യാതൊരു അർത്ഥവും ഭാവന ഒക്കെ എപ്പറും പിന്നെ ഈ പറയുന്നത് വിശ്വസിക്കാം എന്നുള്ളതിൽ അപ്പൊ ഇത് ഒക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും ഈ ആധുനികമായ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസവും ഇതാണ് ശരിയായ ശാസ്ത്രം വിശ്വസിക്കും ഇത് ഈ സന്ദർഭത്തിൽ ഇനി വീണ്ടും വരും അവിടെ ഞാനൊന്നും പറയത്തില്ല മനസ്സിലായ ഈ സന്ദർഭത്തിൽ അങ്ങ് പറഞ്ഞ് തീർക്കുക ഇതിന്റെ പറഞ്ഞ സൃഷ്ടിക്രമം അനുസരിച്ച് അയം അവ ദശമഹ അവതാരം ദീർഘദശ്യം സംരക്ഷത്തിന്റെ പത്താമത്തെ അവസാനം അവതാരമാണ് ഈ കാണുന്നത് ഇപ്പൊ കാണുന്നത് മുമ്പ് ഇത് പലതവണ ആവർത്തിച്ചു ഈ സർഗങ്ങളിലെല്ലാം ഈ പറയുന്ന ദ്വാസപ്തതിയിലും ആവർത്തിച്ചാണ് ഇപ്പോ ഇത് പത്താമത്തെ കാരണം നേരത്തെ പറഞ്ഞല്ലോ പല പലതരത്തിലുള്ള വേസന്മാരുണ്ടായി അവര് നല്ല വേസന്മാർ പത്ത് പേരാണ് അവർ ഒന്നാണ് ഈ കാണുന്നത് അഭൂമ വ്യാസേ ബഹുശ്യാസാൽ ഇവരോട് കൂടി ചേർന്ന വയം നമ്മളെല്ലാം ഞാനും നീയുമെല്ലാം അതിഷ്ടം പറയണം അനേകം അനേക തവണ അഭൂമ ഉണ്ടായിട്ടുണ്ട് അനേക തവണ ഉണ്ടായിട്ടുണ്ട് സ്വയം ഏവോ ഇമേ ബഹുശേഷ പ്രസക്ത വെവ്വേ ഇതാണോ ബഹുപ്രകാര അനേക ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും പലതരത്തിൽ നമ്മളെല്ലാം നേരം അനേക തവണ അഭൂമ നമ്മളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഞാനിന്നിയും എല്ലാ അഭൂമവയെ സദൃശയെ നാനാപ്രകാര സമാശയ ഈ നമ്മളെല്ലാവരും തന്നെ വയമേ അഭൂമ സദൃശന്മാരായി ഇതരെ മറ്റ് രൂപത്തിൽ വിത അറിവുള്ളവരായി അഭൂമവയമേ നാനാകാര നാനാരൂപത്തിൽ സമാശയാഹ ഒരേ മനസ്സുള്ളവരായി നാനാരൂപത്തിൽ പലതരത്തിലും ഉണ്ടായിരുന്നു അത് ആവർത്തിക്കുകയാണ് ഭാവി എന്നും വാരാഷ്ടതം മുനഃ ഭൂയോഗി ഭാരതം നാമ സേത സങ്കർഷി ഇവിടെ പ്രവചനം കൂടെ ആർത്തുകയാണ് അധ്യാപി അലേലേഖ ഭാവിത ഇവനിവിടെ ഉണ്ടായ ഉണ്ടല്ലോ അഷ്ടകമുന ഇനിയൊരെട്ട് തവണ ഭൂയോടി വീണ്ടും ഭാരതം നമ്മ ഭാരതം എന്ന് പറയുന്ന സിഹാസം ഇതിഹാസത്തോടുകൂടി പുരാണങ്ങളെല്ലാം തലശ്ശേരി ഇനി എട്ട് തവണ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ വ്യാസം തന്നെയും ഇനിയും ഒരു എട്ട് തവണ ഇതിഹാസ പുരാണങ്ങളെല്ലാം സൃഷ്ടിക്കും എന്നർ കൃത്വ വേദവിഭാഗങ്ങളീത്വാനും ഉള്ള കഥ ബ്രഹ്മത്വന്റെ കഥാകൃത്വ ഭാവ്യം വൈദേഹമൂക്ഷണം ഞാൻ ചോദ്യത്തിൽ ഉത്തരം പറയു ഇനിയും ഇതെല്ലാം വേദശേഷം വേദവിഭാഗം തൃപ്വാ എട്ട് തവണ വെള്ളിനെന്തെങ്കിലും പറയും വേദത്തിൽ വിധിച്ച് നിത്വ അനേക കുലപ്രധാം കുലത്തിൻ്റെ ആ പ്രശസ്തിയെ വർദ്ധിപ്പിച്ച് ബ്രഹ്മത്വത്തെ പ്രാപിക്കും ജ്ഞാനിയാകും തഥാകൃത്വ ഭാഗ്യം വൈദേഹമോഷണം പിന്നെ എന്നെയും വിദേഹമോക്ഷത്തെയും പ്രാപിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം കൃത്വ ബ്രഹ്മജ്ഞാനിയാവുക ഇങ്ങനെയുള്ള പല ദിവസം ചെയ്തതിനു ശേഷം ഏതൊരു ഭാഗം ചെയ്യുക പുലത്തിന്റെ സർത്തി ബ്രഹ്മജ്ഞാനിയാവുക ഇതെല്ലാം ഇനിയും പലതവണയും ചെയ്തതിനു ശേഷം കൂടുതലന്തി വിദേഹമുക്തി പ്രാപിച്ചു എന്തുകൊണ്ട് വ്യാസൻ വിദേഹമുക്തി പ്രാപിച്ചു അവരൊറ്റ വാക്കി ഉത്തരം പറയാൻ പറ്റിയ കാര്യമല്ല ഇനി വിദേഹമുക്തി ഈ ദശോ ഭയശാന്ത നിർമാണോ ഗതകൽമോ ജീവൻ മുക്തോ ജിതമനോ വ്യാസോ അയമിരിക്കണമെങ്കിൽ വ്യാസൻ ജീവൻ മുക്തനാണ് എന്തുകൊണ്ട് ജീവൻമുക്തനെന്ന് പറഞ്ഞ് ഇനിയും ജനിക്കാനുണ്ട് പല വ്യാസന്മാർ അവടം കൊണ്ട് അവസാനിക്കുന്നു അപ്പോ വസിഷ്ഠനും ജീവൻ മുക്തനായിരിക്കും ബ്രാഹ്മന് ജീവൻ മുക്തനായി വിധേയമുക്തന് ഇനി ആകുമെന്നാ പറയും ഇപ്പം ജീവൻ മുക്തൻ നാളെ വിധേയമുക്തനാണെന്ന് പറയുമ്പോൾ വിധേയമുക്തനായാൽ പിന്നെ ജനിക്കത്തില്ല എന്നുള്ള മനസ്സിലാക്കുന്നത് വിവിധശോകം ശോകഭയങ്ങളില്ലാത്തവനായി ശാന്തനായി നിർവാണനായി വിശ്വമുക്തി പ്രാപ്തവനായി ഗതകൽമക്ഷനായി ഗതകൽപ്പനായി കൽപ്പനകളൊക്കെ ഉണ്ടാക്കുന്നവനായി ജീവൻമുക്തനായി ജിതമനാ മനസ്സിനെ ജയിച്ചവനായി അയം വ്യാസം വർക്കുക അതാണ് ഈ എന്റെ മുമ്പിലെത്തിക്കുന്ന വ്യാസങ്ങളാണ് ജീവൻ മുക്തനായ വ്യാസങ്ങൾ വർണ്ണങ്ങളൊന്നും ധാരാളം രേഖകളോട് സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിത്തുവയം കർമ്മ വിദ്യാ വിജ്ഞാനി സമാനസന്ധി ഭൂതാലി ും പറയും വിത്തം കൊണ്ട് ധനം കൊണ്ട് ബന്ധുക്കളെ കൊണ്ട് വയസ്സുകൊണ്ട് കർമ്മം കൊണ്ട് വിദ്യ കൊണ്ട് വിജ്ഞാനം കൊണ്ട് പ്രവൃത്തികളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരുപോലെ ആയിരിക്കും ചിലപ്പോ പല രൂപത്തിലായിരിക്കും ജീവിതം എന്ന് വെച്ചാൽ ഓരോ ജന്മത്തിന്റെ കാര്യം കഴിഞ്ഞ ജന്മത്തിലെ പോലെ ആത്തം ചിലപ്പോ എനിക്കുണ്ടാവും ബന്ധുക്കളുണ്ടാവും ആയുസ് ഉണ്ടാവും പൈസ ആയുസ് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും നിത്യുണ്ടാവും പ്രവൃത്തി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് വ്യാസം ഇനിയും എട്ട് തവണ ജനിച്ചാൽ ഇതേ മുക്തനാകുന്നില്ല സമാനം പറയും അതങ്ങനെയാണ് ജീവന്മാർ പലതരത്തിലാചരിക്കുന്നത് സമാന സത്യഭൂതായി ജീവികളെല്ലാം സമമാവും കഥാചിതാക്കും ചെറുപ്പസമാഗത്തിൽ അതുകൊണ്ട് വ്യാസന്റെ ജന്മം പലതരത്തിലാണ് ചില ജന്മങ്ങളൊക്കെ ഒരുപോലെ ചില വിരക്ഷണമായ ഇനി ഒരിക്കലും എന്റെയും ജീവൻ മുക്തനായി പിന്നെ വിദേഹമുക്തനുമാണ് അങ്ങനെ വിദേശമുക്തനായി കഴിഞ്ഞാൽ പിന്നെ വേസന് ഇല്ലാതിരുമോ എന്നുള്ള പ്രശ്നം വരും അപ്പൊ എന്തു ചെയ്യും വേറെ ജീവന്മാരെന്തെയും വേറെ വേസനോ വ്യാസനില്ലാതെ വരെ വിദേഹമുക്തനായി മറ്റു ജീവന്മാരിൽ നിന്നും വേറെ ഒരാളുടെ സൗകര്യമാണോ അവിടെ ബ്രഹ്മലോകത്തിലെ ബ്രഹ്മ ബ്രഹ്മ മുക്തനായി പോയാൽ വേറെ ജീവിതം അവിടെ ചെന്ന് ബ്രഹ്മും ധികാര പുരുഷന്മാരെ കുറിച്ചൊക്കെ പറയും അതുപോലെ ബ്രഹ്മത്വം എന്ന് പറയുന്ന അങ്ങനെ അർത്ഥം പറയുന്നു അങ്ങനെ ബ്രഹ്മരോഗത്തെ പ്രാപിച്ചു അവിടെ ബ്രഹ്മവായും അധികാരപുരുഷനാവും വീണ്ടും വീണ്ടും ബ്രഹ്മജ്ഞാനി എന്ന് പറയാം അങ്ങനെയാണ് അങ്ങനെ പറയണ നിർബന്ധമുണ്ട് സർഗസൈന ഭവന്തിവാ കഥാചലവി അന്തമിക്കുക ഇങ്ങനെ വേറൊരു പ്രശ്നങ്ങളാണ് ചിലപ്പോ അലയ കോഷങ്ങളൊരു ജീവൻ ജനിക്കാതെ തന്നെ നേരിടും അങ്ങനെ തന്നെ നേരി എന്നാൽ ജനിച്ചു നമ്മുടെ യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്നത് എന്താണോ പ്രകൃതി ലയന്മാർ ആണ് പറയുന്നത് കേട്ട് സർഗശതയിൽ കാണി സർഗശതങ്ങളിൽ ഭവന്തി ഭവിക്കാം എന്നാൽ ഭഗന്തി പറഞ്ഞു അപ്പം ജനിക്കാതെ അങ്ങനെ മരവിച്ച് ഇരിക്കും ജന്മമില്ലാതെ അങ്ങനെയും സംഭവിച്ചു ഇനി ഏതെങ്കിലും സ്വന്തത്തിൽ വ്യാസമില്ലാത്തവരോ എന്നാ ഒരു ജീവന്റെ കാര്യം പറയും വ്യാസനെപ്പോഴെന്താണ് കഥാകിതും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ ഒന്നും ഒരു വ്യവസ്ഥയില്ലെന്ന് തോന്നുന്നുണ്ട് മായേം യുദ്ധം അന്തം ഇവർ അന്തം അറ്റ മായയാണ് ഇതെല്ലാം അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകിച്ച് വ്യവസ്ഥയെന്ന് അവർക്കും പറയാൻ പറ്റത്തില്ല യക്ഷീയവും നിവര്യാസം ഭൂരിഭൂതപരമ്പ ബീജരാശിവാചസ്വൂര്യമാണ് പിന്നെ അതിനൊരു നല്ല ഒരു ദാഹണം പറയും നിങ്ങൾ ഒരു വലിയൊരു പാത്രത്തിനകത്തേക്ക് പാത്രത്തിനകത്തേക്ക് നെല്ല് നിറയ്ക്കുക എന്നിട്ട് അതിനെ തിരിച്ചിടുക വീണ്ടും അതിനകത്ത് ഇറങ്ങി അപ്പൊ ഈ ഓരോ നെല്ലുന്ന ക്രമം പഴയുന്നവരായിരിക്കും ഓരോ തവണ നിറങ്ങുമ്പോഴും നല്ല എന്ത് വരും മാറി മാറിയും വരും ഇതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു വ്യവസ്ഥയിൽ എങ്ങനെയാണ് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മായയാണെങ്കിൽ എന്നാണ് പറയുന്നത് ഇതിനോട് ആധുനിക സൈൻസ് ചെയ്യുകയും ആധുനിക സയൻസിന്റെ നിഗമനം എന്താണല്ലോ അതിൽ സ്വീകരിക്കുന്നത് ഏറെക്കുറെ എല്ലാവരും സ്വീകരിക്കുന്ന ഡെറ്ററും മിനിസമാണ് പ്രപഞ്ചം വ്യവസ്ഥിതമാണ് പ്രപഞ്ചഘടന നമ്മൾ പറയുന്ന വിധിയൊന്നും അത് വ്യവസ്ഥിതമാണ് നമുക്ക് പ്രപഞ്ചത്തിന്റെ ഘടനാപരമായ രൂപമെന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഭാവി തീരുമാനിക്കപ്പെട്ടിരിക്കുകയും അവ്യവസ്ഥ റോജർ പെൻറോസ് എന്ന് പറയുന്ന നോബൽ സമ്മാനം അടുത്ത കാലത്ത് ഇപ്പോഴും ജീവിച്ചിരുന്നു വീഡിയോ അധ്യക്ഷനും പറയും അദ്ദേഹം അതിന്റെ വക്താവാണ് വിറ്ററിൽ നിന്ന് വിശ്വസിക്കുന്നത് ഒരുപാട് പേരുണ്ടത് ഇവിടെ പറയുന്ന അങ്ങനല്ല അത് രണ്ടാണ് ക്ലാസിക്കൽ ഫിസിക്സ് വേറെ ക്വാണ്ടം ഫിസിക്സ് അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം ഏറെ വ്യത്യാസം രണ്ടാടത്തെ നിയമം കൊണ്ട് ഉണ്ട എന്നാൽ പൊതുവെന്താണ് അപ്പോ പലതുമില്ല അങ്ങനെ ഉള്ളപ്പോ തന്നെ എന്താണ് ആവർത്തിച്ചവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ ഏതാണോ അതിജീവിക്കുന്നത് അതിന് എന്ത് ചെയ്യും ശാസ്ത്രം വാങ്ങീകരിക്കും കാരണം നമ്മളൊരു ശാസ്ത്ര സിദ്ധാന്തം അങ്ങനെ വരുമ്പോഴാണ് എന്തുവരുന്നത് അതിനംഗീകരിക്കും പരീക്ഷണങ്ങൾ അംഗീകരിക്കും അതിനീകരിക്കും പിന്നെ അത് ആപ്ലിക്കേഷൻ ലഭിക്കും അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരുപാട് പരീക്ഷണം നടന്നുകൊണ്ടേരിക്കും അടുത്ത് നമ്മുടെ ഇന്റർനെറ്റ് തകർക്കാൻ പോകുന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതില്ലാതെ ഞാൻ പ്രവചിക്കുന്നതല്ല സയൻസ് ആ വോട്ട് അടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് ഹസനം എന്താണ് പഴയ ന്യൂട്ടൺ പറഞ്ഞ നിയമങ്ങളും യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിൽ രണ്ട് യാഥാർത്ഥ്യമാണ് അത് വേറെ വിഷം അതൊക്കെ എന്താണ് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ വായിച്ച് മനസ്സിലാക്കും അതൊന്നും പഠിപ്പിക്കാനുള്ള അറിവ് എനിക്കില്ല എനിക്കതിനെ കുറിച്ചുള്ളൊരു സാമാന്യമായ വിവരമേ പക്ഷെ സാമാന്യ വിവരം നമുക്ക് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ വെറും കൂട്ടന്മാരെ സാമാന്യം ഞാനും നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തുവരും ഞാൻ പൊട്ടനായാലും കുഴപ്പമില്ല അത് ഞാനൊരു പഠിപ്പില്ലാത്ത പൊട്ടനാകട്ടായിരുന്നു നിങ്ങളൊക്കെ അങ്ങനെയല്ല പഠിച്ച പൊട്ടന്മാരാവും അതും വലിയ നഷ്ടമാണ് പഠിപ്പുള്ള കുട്ടന്മാരാവും അതാവാതി ശരി